രണ്ടാമത്തെ കരികയാണ് ചർച്ച ചെയ്യുന്നത് ദക്ഷിണാക്ഷി മുഖേ വിശ്വസ് ആകാശി കരികയിൽ പറയുന്നത് വിശ്വ ജാഗ്രത വിശുവിന്റെ അനുഭവം മാത്രമല്ല തേജസ്സിന്റെയും പ്രാജ്ഞന്റെയും അനുഭവം ഉണ്ട് എന്നാ അതിൽ വിശ്വന്റെ അനുഭവം സ്പഷ്ടമാണ് വിശ്വൻ ഉണർന്നിരിക്കുന്നവനാണ് അവിടെ ആർക്ക് സംശയമുണ്ട് ജാഗ്രത വിശ്വന്റെ അനുഭവത്തിൽ ഉണർവ് അനുഭവിക്കുന്ന എല്ലാവർക്കും അതുണ്ട് തൈജസിനെ സംബന്ധിച്ച് സംശയം വരാം അതിവിടെ ഭാഷകാരൻ വിശദീകരിച്ച് അസ്മരണം പ്രത്യക്ഷമായ അനുഭവത്തിന് ശേഷം ആസ്മരണം അഭിവ്യക്തം ആ പ്രത്യക്ഷമായ അനുഭവത്തിൽ നിന്ന് അനുക്ഷണം സംസ്കാരം ഉണ്ടാകുന്നു അതിനെ നമുക്ക് കണ്ണടച്ച് അതിനെ സ്മരിക്കാൻ ശ്രമിച്ചാൽ അസ്മൃതി അസ്മൃതിയുടെ അലത്തിൽ നിൽക്കുന്നവനാണോ അസ്മൃതി അറിയുന്നവനാണോ തേജസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു ആകാശ ജഹൃദീ സ്മരണാഖ്യ വ്യാപാര ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഇതിനെ കുറിച്ച് വീണ്ടും പലരും ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും പ്രാജ്ഞൻ കാരണം അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വളരെ വിശദീകരിച്ചതാണ് വിശദീകരിച്ചു വിചാരിച്ച് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷെ വിശദീകരിക്കുന്നതാണ് മനസ്സിലായത് പറയാനും പറ്റും അതിൻ്റെ ഒരു പോരായ്മയാണ് ഹൃദയാകാശമാണ് പ്രാജ്ഞന്റെ സ്ഥാനമായി പറഞ്ഞത് അത് തന്നെ എന്തുകൊണ്ട് പറഞ്ഞു ഹൃദയാകാശം എന്ന് പറയുന്നത് തന്നെ ശൂന്യതയാണ് കാരണം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് ആ പ്രാജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത് അനുഭവമില്ലായ്മയാണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സുഷുപ്തി നമ്മൾ ഉണർന്നതിന് ശേഷം അതിനെ സ്മരിക്കുന്നെങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്നാണ് എന്തെങ്കിലും അറിഞ്ഞു എന്നും നമുക്ക് സ്മരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല അറിയാതിരിക്കുന്ന അവസ്ഥയാണ് പ്രാജ്ഞനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശാന്ത്വക്യത്തിൽ കാര്യം വളരെ വിശദമായി പറയും സതിസമ്പദ് സതിസമ്പദ് മഹേഷ് വിടെ പറയുന്നു പല ദൃഷ്ടാന്തങ്ങളും തേനീച്ച പല പുഷ്പങ്ങളിൽ നിന്നും തേൻ ശേഖരിച്ച് അതിനെ ഒന്നാക്കും അതിന്റെ കൂട്ടിൽ അവസാന തേൻ ഏകരസമുള്ളതായിത്തീരുന്നു അവിടെ തേനെടുത്ത് രുചിച്ചു നോക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല ഇത് ഏത് പൂവിന്റെ തേനാണ് എന്നറിയാൻ പറ്റുന്നില്ല ഏക സ്വഭാവത്തിലിരിക്കുന്നു എന്ന് കാണിക്കാൻ പറ്റും പ്രാചൻ ഏകീഭൂതം ഏകീഭൂതനായിരിക്കുന്നു ഏകീഭൂതം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനിച്ചു ഒന്നെന്താണ് അവിവേകാപന്നം അവിടെ വിവേകമില്ല അതിന് ഉദാഹരണം പറഞ്ഞെന്താണ് നൈശ തമോഗ്രസ്തമ അഹ ഭാഷ്യത്തിൽ പറഞ്ഞു ഇരുട്ട് പൊതിഞ്ഞ പകല് പോലെ അവിടെ നമുക്ക് പകലിൽ കാണുന്ന കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെന്താണ് കേവല ഇരൾ മാത്രം പ്രാജ്ഞൻ വ്യവസ്ഥ അതാണ് അതിനെ അറിയാനോ അതിനെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്നും സാധ്യമല്ല അത് നമ്മുടെ കൽപ്പനകളാണ് അനുഭവത്തിന് യോഗിക്കുന്ന അതാണ് സതിസമ്പദ്ധ്യ അവിടെ സത്വമായിട്ട് ഏകീയഭവനം നടക്കുന്നു എന്ന് പറയും അതിവിടെ ഇനി ചർച്ച ചെയ്യും ചെയ്യും സദേവ സൗമ്യ ഹിതമഗ്ര ആസീത് പറഞ്ഞ ഭാഗത്തു നിന്ന് മുമ്പോട്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവിടെ ഒരു ഏകീഭവന സംഭവിക്കുന്നു അവിടെ എന്താണ് അതിന്റെ വിശേഷത എന്താണ് അതിന്റെ പോരായ്മ എല്ലാം ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഭാഷക്കാർ പക്ഷേ അവിടെ നമ്മളിൽ ജാഗ്രതയിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം അവിടെ സ്ഫുരിക്കുന്നില്ല വിശുവിന്റേതായ ബോധം അവിടെ സ്ഫുരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രാജ്ഞനെ അല്ലെങ്കിൽ എന്റെ ആ പ്രാജ്ഞഭാവത്തെ അറിഞ്ഞുകൊണ്ട് എന്നൊരാൾക്ക് പറയാൻ പറ്റത്തില്ല അറിഞ്ഞാലത് വിശ്വനായി അറിയാതിരുന്നാൽ മാത്രമേ പ്രാജ്ഞനാകത്തുള്ളൂ അതാണ് ഏകീഭൂതനായി ധനപ്രജ്ഞനായി എന്നല്ലാം പറയുന്നത് അപ്പൊ ചെറിയ ജോലിക്കപ്പോ നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നു ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നതാണോ പ്രാജ്ഞ അല്ല അത് ഒറിജിനൽ പ്രാജ്ഞ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഉണർവിൽ തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഞാൻ ഉറങ്ങി റിയ ഇതിനെ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ഇവിടെ പറയുന്നു ഇവിടെ എന്താണ് പറയുന്നത് ഇന്ന അങ്ങനെ ഉണ്ട് എന്ന് എന്ത് പറയുന്നു കാരണം അനുഭവം സ്മരണ ഇതെല്ലാം വൃത്തികളാണ് ആ വൃത്തികളുടെ നാശത്തിൽ അവശേഷിക്കുന്നതാണ് പ്രാജ്ഞനെന്ന് പറയുന്നത് ഇത് ഇവിടെ ഈ രീതിയിൽ പറയുന്നു വാസിഷ്ടത്തിനും മറ്റും വേറെ പറയുന്നു അവിടെ പറയുന്ന എന്താണ് മനോവൃത്തികളെന്ന് പറയുന്നത് സമുദ്രത്തിലെ തരംഗങ്ങൾ പോലെയാണ് ആ തരംഗത്തിന്റെ സ്വഭാവം എന്താണോ അത് ആ സമുദ്രത്തിന്റെ പ്രതലത്തിൽ നിന്നും ഉയർന്ന് പൊങ്ങി വീണ്ടും ആ പ്രതലത്തിലേക്ക് വന്ന് അവസാനിക്കുന്നു ആ പ്രതലത്തിൽ നിന്ന് തുടങ്ങി അത് അതിന്റെ പരമാവധി ഉയർച്ചയിലേക്ക് പോയിട്ട് വീണ്ടും അത് അവിടെ വന്ന് ആ പ്രതലത്തിൽ വന്ന് ലയിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും എന്താണോ അടുത്തൊരു തരംഗം പോയിരുന്നു അപ്പൊ ഈ രണ്ട് തരംഗങ്ങൾക്ക് ഇടയ്ക്ക് കേവലമായൊരു പ്രതലമുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പ്രാചന തന്നെ വേറെ തരത്തിൽ അവിടെ പറയുന്നതാണ് ആ തലം പരമാർത്ഥമാണെന്ന് പറയുന്നു എന്നാൽ ആ തലത്തെ നമുക്കറിയാൻ പറ്റുമോ ഇല്ല അറിവെന്ന് പറയുന്നതാണ് ഈ തരംഗങ്ങൾ ആ തരംഗങ്ങൾ വിലയിക്കുന്നിടത്ത് ഒരു തരംഗം വിലയിച്ചാൽ അവിടെ അറിവ് അവിടെ അവസാനിച്ചു അടുത്തടുത്ത തരംഗം ഉയരുന്നത് വരെയുള്ള ആ ഇടവേള അവിടെ അറിവില്ല അതുകൊണ്ട് തന്നെ അതിന് നമുക്കറിയാനും പറ്റത്തത് ഇടവേള എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്തുകൊണ്ട് ഇടവേള എന്ന് പറയുന്ന കാലത്തെ സൂചിപ്പിക്കുകയാണ് ഈയൊരവസ്ഥ എത്ര സമയം കാണുമെന്ന് ചോദിക്കുന്ന വിഡിത്തമാണ് കാരണം അവിടെ കാലമില്ല അവ്യാകൃതം എന്ന് പറയുന്നതിന് അടുത്ത ഭാഷകാലം വ്യഖ്യാനിക്കും അവിടെ കാല ദേശ വസ്തുബോധമില്ലാത്ത സമയമാണ് അതാണ് അവ്യാകൃതം ഇവിടെ തന്നെ കുറിച്ച് പറയുന്നു ഇത് അവ്യാകൃതാവസ്ഥയാണ് ജാഗ്രതത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവ്യാകൃതാവസ്ഥ ഇതിനെ അറിയാനോ കാലബോധമില്ലാതെ എങ്ങനെ അറിവുണ്ടാവും ില്ലാത്തത് എങ്ങനെ അറിവുണ്ടാകും പക്ഷെ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുള്ളതിനുള്ള യുക്തിയാണ് ഈ പറയുന്നത് കാരണം സ്മരണ അക്ഷ വ്യാപാര ഉപരമേ സ്മരണമെന്ന് പറയുന്ന ആ വ്യാപാരവും അത് നശിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു സ്മരണം നശിച്ച അടുത്തൊരു സ്മരണ ഉണ്ടാകും അതുണ്ടെക്ക് അവശേഷിക്കുന്നുണ്ടോ അത് അതിന് ഇന്നതാണെന്ന് ബോധിപ്പിക്കാൻ പറ്റത്തില്ല അഭ്യാകൃതനെന്നോ പ്രാജ്ഞനെന്നോ ഒക്കെ ബോധിപ്പിക്കുന്നതിന് ചില പരിമിതികളുണ്ടെന്ന് ഇനി പറയും ഇനി പറയുന്ന ഭാഗത്ത് അപ്പോ ഇവിടെ ചോദ്യം ഇതാണ് ആ പ്രാജ്ഞാവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ ആ പ്രാജ്ഞാവസ്ഥയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ചോദ്യം ചിന്ത എന്ന് പറയുന്നത് എന്താണോ വിശ്വന്റെയും തൈജസ്സിന്റെയും ആ പ്രവൃത്തിയും അവിടെയാണ് പ്രാജ്ഞനൽ ചിന്തയും പ്രവൃത്തിയും അതുകൊണ്ട് പ്രാജ്ഞനെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്നാൽ ഇനി ഞാൻ വിശ്വനായി പ്രവർത്തിക്കുന്നില്ല പ്രാജ്ഞനായി പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നും അവർ വാശി പിടിക്കരുത് നടക്കുന്ന കാര്യം എന്തുകൊണ്ട് പ്രാജ്ഞനൽ ഞാനില്ല പിന്നെ ഞാനിങ്ങനെ പ്രവർത്തിക്കും ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ അസ്തമിച്ച സ്ഥലമാണ് ഇപ്പൊ പ്രാജ്ഞനായിരുന്നു കൊണ്ട് എങ്ങനെ എന്താണ് പ്രാജ്ഞനെക്കുറിച്ചുള്ള ഒരു ബോധം അതായാലോ പ്രാജ്ഞനെക്കുറിച്ചുള്ള ബോധത്തിനാണ് ജാഗ്രത എന്ന് പറയുന്നത് അതിന് പ്രാജ്ഞനെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ നമ്മളിപ്പോ പ്രാജ്ഞനെക്കുറിച്ച് ചിന്തിക്കുന്നു ചർച്ച ചെയ്യുന്നു ഇതാണ് ജാഗ്രത ഇതിനെയും നിങ്ങൾ പ്രാജ്ഞന എന്ന് വിളിച്ചാൽ പിന്നെ ആ നിങ്ങളുടെ ഒറിജിനൽ പ്രാജ്ഞന അവിടെ പോയി അതുകൊണ്ട് അതിനിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിനുശ്രുതി മനസ്സിലാക്കി തരുന്നിങ്ങനെ അവ്യാകൃതം എന്നുവെച്ചാൽ കാല ദേശ വസ്തുബോധ ശൂന്യമായ അവസ്ഥ അവിടെ അറിവില്ല അറിവിനെ ആഗ്രഹിച്ചുള്ളതൊന്നും ഇച്ഛ പ്രവർത്തിക്കാതൊന്നും പക്ഷെ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് യുക്തിയാണ് കൂടെ കാണിച്ചത് സ്മരണാഖ്യ വ്യാപാര വിപരമം എന്ന് പറയുന്നു എന്നേ അതിനെ പറയാൻ പറ്റും അവിടെ പ്രാജ്ഞയോഗീഭൂതോ ധനപ്രജ്ഞയവഭീ ഇത് പ്രാജ്ഞനെ നമ്മുടെ ഒരു അനുഭവം എന്ന് പറയാം വ്യാഗ്രത്തില അനുഭവം ഇനി മറ്റൊന്നിനെ കുറിച്ച് പറയും അവസാനം ഭാഷയത്തിന്റെ അവസാനം പറയാതെന്താണ് പ്രാചനെക്കുറിച്ചുള്ള അനുഭവം ഞാൻ ഉറങ്ങി ഉറങ്ങി എന്ന് നമ്മൾ പറയുന്നത് ഇത് പ്രാചനെ കുറിച്ചുള്ള സ്പഷ്ടമായിട്ടുള്ള കുറച്ചുകൂടി സ്പഷ്ടമായിട്ടുള്ളത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ഈ വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും മ്മിൽ വ്യത്യാസം എന്താ സംഭവിക്കുന്നത് അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ പറയാം ഈ അനുഭവം സാക്ഷാത് പ്രാചനെക്കുറിച്ചുള്ള അനുഭവം തമ്മിൽ വരുന്ന വ്യത്യാസം ഇവിടെ പറയുന്ന എന്താണോ മനോവ്യാപാര ഇവിടെ ഇത്രയും സംഭവിക്കുന്നുണ്ട് മനോവ്യാപാരങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ മനോവ്യാപാരം എന്ന് പറയുന്ന ഇവിടെ എന്താണ് ദർശന സ്മരണകൾ ആ ദർശനസ്മരണകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇത് ഇന്നത്തെ ഒരു ചോദ്യമായിരുന്നു ഈ പ്രാജ്ഞനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ പ്രാജ്ഞനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണോ കർമ്മയോഗം എന്നാണ് പ്രാജ്ഞനെ നമുക്കറിയാം പക്ഷേ പ്രാജ്ഞനെ അറിഞ്ഞുകൊണ്ട് നോക്ക് പ്രവർത്തിക്കാം അതെല്ലാം മനസ്സിലാക്കണം വിശ്വന്റെ ഭാവത്തിലാണ് അല്ലാതെ പ്രാജ്ഞനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും കാരണം പ്രാജ്ഞനായി നിൽക്കാൻ അവിടെ അഹമില്ലാതുകൊണ്ട് അഹമെന്നാൽ ഉടൻ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമായി സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കും പിന്നെ അടുത്തൊരു ചോദ്യം വന്നത് ഞാൻ പൈപ്പ് ഇറങ്ങുന്ന കാര്യം പറഞ്ഞാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യത്തെ സ്വാമിക്ക് എതിർക്കുന്നതിന് എങ്ങനെ ധൈര്യം വന്നെന്ന് എന്നോട് ചോദിച്ചത് നമ്മുടെ ശാസ്ത്രം രണ്ടു തരത്തിലുണ്ട് ഒന്നി ആധ്യാത്മിക ശാസ്ത്രം മറ്റൊന്ന് ചാർവാക ശാസ്ത്രം ചാർവാകൻ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം ലോകം മുഴുവൻ വ്യാപിച്ചതെന്നാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് അംഗീകരിച്ചു കൊടുക്കണമെന്ന് അതിൽ നമ്മൾ തത്വചിന്തയില് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എലക്ഷൻ പോലെയല്ല ഭൂരിപക്ഷം നോക്കിയിട്ടല്ല എത്ര പേരതിനെ അംഗീകരിക്കുന്നു എന്നുള്ള നോക്കിയിട്ടല്ല അപ്പോൾ ചാർവാകന്റെ സിദ്ധാന്തം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്ന സമയത്താണ് ഇവിടെ ബാക്കി ദർശനങ്ങളെല്ലാം ഉണ്ടായത് പിന്തുടരാൻ ആൾക്കാർ കുറവായിരുന്നു എന്നാലും അത് നിലനിൽക്കുന്നുണ്ട് ചാർവാകന്റെ ദർശനം അന്നും ഇന്നും ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ളൂ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് ഇക്കാര്യത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുവാൻ ഇഷ്ടപ്പെടത്തില്ല എന്ന് നോക്കിയിട്ടും പറയാൻ പറ്റത്തില്ല ഇഷ്ടപ്പെടാത്തവർക്ക് പ്രതികരിക്കാം കൈകാര്യം വരത്തില്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല അത് പറയുന്നത് ഇതാണ് ഈ വടക്കേന്ത്യയിലൊക്കെ ശാസ്ത്രാർത്ഥവാദം എന്ന് പറയുന്നൊരു പരിപാടി നടക്കും അതിലേതെങ്കിലും ഒരു വിഷയത്തെടുത്ത് രണ്ടു കൂട്ടർ സംസാരിക്കും സാധാരണഗതിയിൽ ഈ സംഭാഷണത്തിലൂടെ ഒരു കാര്യം സമർത്ഥിക്കാൻ ഒക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ തീരത്തില് അതിന്റെ ഒരു സ്വഭാവമാണ് ഒരിക്കൽ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം തന്നെ പറയാം ഇത് വായിച്ചും പഠിച്ചു വിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പണ്ഡിതനായ ഒരു സ്വാമി എന്ന് ഈ വിഷയം തന്നെ സംസാരിക്കും ഈ പ്രാജ്ഞനെക്കുറിച്ചും വൈകുന്നേരം ഭക്ഷണം കഴിച്ച് എട്ട് മണിക്ക് സംഭാഷണം തുടങ്ങി രാവിലെ കോഴി പോകുന്ന കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താമാണ് ഇനി ഇത് പോയിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പൊ സ്വാമിക്ക് പിന്നെ എന്നെ കൈകാര്യം ചെയ്യണം എന്നിട്ടേ സ്വാമി ഇത് അവസാനിപ്പിക്കത്തുള്ളു ഒരു സ്വഭാവമാണ് ചർച്ച ചെയ്ത തീരത്തില് അങ്ങനെയാണ് ആദ്യം വളരെ വാശിയോടുകൂടി സംസാരിക്കും സംസാരിച്ച് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താറാകുമ്പോൾ രണ്ടു വശത്തുനിന്ന് ഗൂണ്ടകളെ ഇറക്കും അവരങ്ങോട്ടിങ്ങോട്ടും അടിക്കും അടിച്ച അവസാനം രണ്ടു കൂട്ടരും നോട്ടീസ് ഇറക്കും ഞങ്ങൾ ജയിച്ച് പുസ്തകം അടിച്ചിറക്കും അങ്ങനെയൊക്കെയാണ് തീരുമാനിക്കപ്പെടുന്നത് തർക്ക അപ്രതിഷ്ഠാനും പറയുന്നു വ്യാസനും പറയുന്നു ഇതിനൊരു അവസാനമില്ല ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് കുറച്ചും മതി അല്ലാത്തവരിത്തെ എത്ര സംസാരിച്ചിട്ടും കാര്യം ഇത് അവസാനിക്കാതെ ഇത് പോയിക്കൊണ്ടേ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ മനോവ്യാപാരഭാവ ജാഗ്രത തന്നെയാണ് പ്രാജ്ഞാവസ്ഥ എന്ന് പറയുന്നത് അത് മനോവ്യാപാരങ്ങളില്ലാത്ത ഒരു സ്ഥാനം എന്നേ പറയാൻ പറ്റും അവിടെ അഹംബോധമില്ല ക്ഷണമില്ല അതുകൊണ്ട് എത്ര ക്ഷണം അവിടെ അങ്ങനെ നിന്നു എന്നൊന്നും പറയാൻ പറ്റില്ല ദർശനസ്മരണയവ ഹി മനസ്പന്ദിതേ ദർശനവും സ്മരണവും ഇത് രണ്ടും മനസ്സ്പന്ദനങ്ങളാണ് പ്രാജ്ഞന്റെ മനസ്സ്പന്ദനങ്ങൾ മനസ്സ്പന്ദനം എന്ന് പറയും ഇതാണ് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും പറയും അത് മനഃസ്പന്ദനമാണ് പ്രാജ്ഞന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയും പ്രാജ്ഞൻ വിശുവിനായും തേജസ്സനായും മാറുന്നതും മനഃസ്പന്ദനമാണ് രണ്ടു രണ്ട് കാര്യമാണ് അന്ത്ജാമിയുടെ മനസ്സ്പന്ദനമാണ് ഈ പ്രപഞ്ചം അതിവിടെ ഒരു ഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട് കാരണം ഞാൻ സ്വന്തം പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലും ധരിച്ചു കളഞ്ഞു അതിന്റെ സന്ദർഭം വരുമ്പോൾ ഞാനത് വായിച്ചു കേൾപ്പിച്ചു അന്തര്യാമിയുടെ മനഃസ്പന്ദനം അത് ആണ് ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമായി നാനാ രൂപത്തിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചം ജീവന്റെ മനഃസ്പന്ദനം അതാണ് നമ്മുടെ പ്രപഞ്ചം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നു അതായത് നമ്മുടെ ഈ ജാഗ്രതം നമ്മുടെ ഈ സ്വപ്നവും ഇതിങ്ങനെ രണ്ടായി പിരിഞ്ഞു നിൽക്കുകയാണ് ഒന്നും ബാഹ്യമായി ഒന്ന് ആ ജീവനെ ചുറ്റിപ്പറ്റി അതുകൊണ്ടിവിടെ പറയുന്നത് ഇനി വേറെ സ്ഥലത്ത് പറയുന്ന രണ്ടും ഒന്നായി ധരിച്ചു അദ്വൈതമാണ് നമ്മൾ പഠിക്കുന്നത് ഒന്നേ പഠിക്കാനും മനസ്സിലാക്കാനും എന്നാലും ഇവിടെ വരുന്ന ഈ ഭേദങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവസാനത്തെ ഒന്നും മനസ്സിലാകാതെ പോകും എന്ന് പറയുന്നത് ദർശനസ്മരണ ഏവഹി മനഃസ്പേ ദർശനസ്മരണങ്ങളാണ് ഹൃദ്യവ അവശേഷിയ പ്രാണാത്മന അവസ്ഥാനം പ്രാജ്ഞാവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഈ ഉണർന്നിരിക്കുന്നത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ദർശനസ്മരണങ്ങളാണ് മനഃസ്പന്ദനങ്ങളാണ് ഈ പ്രപഞ്ചം പ്രാജ്ഞന്റെ മനസ്പന്ദനം എന്നെ പറയുന്നത് നമുക്കൊരു പ്രപഞ്ചമുണ്ട് ഓരോ ജീവൻ അവന്റെ പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ് അവന്റെ മനഃസ്പന്ദനങ്ങളാണ് തദ്ഭാവേ അതില്ലാതെ വരുമ്പോൾ അത് ജാഗ്രത അവസ്ഥയിൽ തന്നെ വരാം അല്ലെങ്കിൽ അതിനുവേണ്ടി സുഷുത്തിയിലേക്ക് പോകേണ്ടി വരും ഹൃദ്യേവ ഹൃദയത്തിൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഹൃദയാകാശത്തിലാണ് അതെന്താകാശമാണ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് അവിടെ എന്താണ് അവിശേഷേന അവ്യാകൃത രൂപത്തിൽ പ്രത്യേകാത്മന പ്രത്യേകാത്മാവായി സ്ഥിതി ചെയ്യുന്നു ആ പ്രത്യേകാത്മാവായി തന്നെ സ്ഥിതി ആന്തരികമായ ആത്മരൂപത്തിൽ തന്നെ സ്ഥിതി ഇതിന് നമുക്ക് ഈ ജാഗ്രതത്തിലെ ഈ പ്രത്യേകാത്മഭാവം ഇതിനെ നമുക്കിപ്പത്തന്നെ പിടിച്ചെടുക്കണം എന്നൊക്കെ സങ്കല്പിക്കുന്നതാണ് നമ്മുടെ ജാഗ്രത അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു ഹൃദയാകാശത്തിൽ അഭ്യാകൃതനായി പ്രത്യേകാത്മാവായി സ്ഥിതി ചെയ്യുന്നു ജാഗ്രതയിൽ തന്നെ അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ിത്ത് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യമാണ് ഈ പ്രാണൻ തന്നെ എന്ന് പറഞ്ഞ അവിശേഷരൂപത്തിലിരിക്കുന്ന അവ്യാകൃത രൂപത്തിലിരിക്കുന്ന പ്രത്യേകാത്മാവ് തന്നെ ഏതാൻ സർവാൻ ബാക്കി സർവത്തെയും തന്നിലേക്ക് യിപ്പിക്കുന്നു അതും ഈ ജാഗ്രത സംഭവിക്കുന്നു സുഷുതിയിലത് കുറച്ചുകൂടി ഭംഗിയായി സംഭവിക്കുന്നു ഒരാൾ വിചാരിക്കുകയാണ് എന്നാൽ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് എന്റെ കഴിവുകൊണ്ട് ഞാൻ അവിടെ എത്തിച്ചേർന്ന് അവിടെ എന്തെങ്കിലും അഭ്യാസം കാണിക്കുന്നൊന്നും കരുതണ്ടോ ഇതിനൊന്നും ജീവൻ സ്വാതന്ത്ര്യമില്ല മുമ്പൊരു ക്ലാസ്സിലത് നമ്മൾ ചർച്ച ചെയ്തതാണ് ജാഗ്രത സ്വപ്നം സുഷുതി ഇക്കാര്യത്തിൽ ജീവന് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം ഇല്ലാന്ന് വെച്ചാൽ ജീവന്റെ ജ്ഞാനം ഇച്ഛ കൃതി ഇതിലൂടെയുള്ള സ്വാതന്ത്ര്യമില്ല അത് ചോദിക്കുമ്പോൾ കുതർക്കം ചോദിക്കരുത് എന്താണ് മരുന്ന് കഴിച്ചാൽ ഉറങ്ങത്തില്ലേ അവിടെ സ്വാതന്ത്ര്യമില്ല അത് കുതർക്കമാണ് അതല്ല ജീവന്റെ സ്വാതന്ത്ര്യം പറയുന്നത് മരുന്നുകഴിച്ചുറങ്ങുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് അവന്റെ ജ്ഞാനം ഇച്ഛാ കൃതിയിലൂടെ ജീവൻ പ്രവർത്തിക്കുന്നതിനാണ് ജീവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജാഗ്രസ്വപ്ന സുഷൃത്തുകളിൽ ജീവൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് സ്വതേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വതേ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നിർനിമിത്തമായിട്ടാണോ അല്ല അന്തര്യാമിയുടെ പ്രേരണ കൊണ്ട് അത് സംഭവിക്കുന്നു ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ നമ്മൾ നേരത്തെ വീതിയിൽ ചർച്ച ചെയ്തു നമ്മളെ ഉറക്കുന്നതും ഉണർത്തുന്നതും സ്വപ്നം കാണിക്കുന്നതുമെല്ലാം അന്തര്യാമിയാണ് അല്ല ഞാൻ എന്റെ ഇച്ഛ കൊണ്ട് അല്ല അതിന് തെളിവുണ്ട് എന്താണ് നമ്മൾ ആഗ്രഹിച്ചാൽ ഉറങ്ങിയെന്ന് വരാം ഉറങ്ങില്ലെന്നും വരാം രണ്ടും സംഭവിക്കാം നമ്മുടെ ആഗ്രഹമനുസരിച്ച് സംഭവിക്കത്തില്ല മറ്റെന്തിന്റെയോ ആഗ്രഹം കൂടി നമ്മുടെ ആഗ്രഹത്തോട് ചേരണം എന്നാലേ ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മരുന്നു കഴിക്കും ഉണരുന്നതിന്റെ കാര്യം പറയാനുമില്ല ആദ്യം ആഗ്രഹിക്കുക പിന്നെ ഉണരുക അതിതുവരെ സംഭവിച്ചിട്ടില്ല ആരുടെയെങ്കിലും ഉറക്കത്തില് സംഭവിച്ചിട്ടുണ്ടോ ഉണരുന്നതിന് മുമ്പ് ഒന്ന് ആഗ്രഹിക്കുക ഒന്നിച്ഛിക്കുക പിന്നീട് ഉണരുക സംഭവിക്കാറില്ല അറിയാറില്ല സതിസമ്പത്തിന വിതഹ അവിടെ ഒന്നും തന്നെ നമുക്കറിയാൻ പറ്റുന്നില്ല ഉണർന്നു വരുന്നുവെന്ന് മാത്രം അറിയൂ അതുകൊണ്ട് ഇതെല്ലാം അന്തര്യാമിയുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ് ജീവന്റെ ജ്ഞാനയിച്ഛാകൃതികൾക്ക് അധീനമല്ല എന്തുകൊണ്ടാണ് അവൻ അജ്ഞനും അസക്തനും പരിച്ഛിന്നനുമായിരിക്കുമ്പോൾ ജീവസംബന്ധിയായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊന്നും അവന് യാതൊരു സ്വാതന്ത്ര്യവും അവിദ്യാവശകനായിരിക്കുന്നുണ്ട് ഇതിനെല്ലാം വിധേയനാവുകയെ സാധ്യത പക്ഷേ ഇതറിയാതെ നമ്മൾ ചെറുപ്പം ചിന്തിച്ചന്നിരിക്കും ഞാൻ ഇറങ്ങി പറയാറുണ്ട് ഞാൻ ഉണർന്ന് എന്നൊക്കെ പറയാറുണ്ട് എന്റെ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാറ് ആ ഭാഗം ഇനി വരുന്ന നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെ പറഞ്ഞത് പറഞ്ഞു വരുന്നത് വിശ്വവൈശ്വാനരന്മാരൊന്നാണ് ആ അത് ജാഗ്രതയിൽ കൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇനി തൈസ ഹിരണ്യഗർഭന്മാർ ഒന്നാണതാണ് അടുത്ത് പറയുന്നത് തൈജസ്സോ ഹിരണ്യഗർഭോ മനസ്സത്വ മനസ്സെന്ന ഒരു ഉപാധി ആശ്രയിച്ചിരിക്കുന്നത് ഈ തൈജസ്സനും ഹിരണ്യഗർഭനും പരമാർത്ഥത്തിൽ ഒന്ന് പിന്നെ ഇതെന്തുകൊണ്ട് രണ്ടായി പറയുന്നു ഉപാധിഭേദം കൊണ്ട് തൈജസന്റെ ഉപാധി എന്ന് പറയുന്നത് പരിഛിന്നമായ ഈ ശരീരത്തെ അവലംബിച്ചിരിക്കുന്ന ഒരു ചെറിയ മനസ്സ് വളരെ തുച്ഛമായ മനസ്സ് ഭിരണ്കൃതനാണെങ്കിലോ ഈ സർവപ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് പിന്നെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു ആ മനസ്സിൽ അന്തർഭവിച്ചിരിക്കുന്നു ഈ ചെറിയ ചെറിയ ചെറിയ മനസ്സുകളുണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രപഞ്ച മനസ്സെന്ന് വിളിക്കാം അതാണ് ഹിരണ്യഗർഭൻ രണ്ടായിരത്തും രണ്ട് സ്ഥാനത്തും തത്വം എന്താണ് മനസ്സ് അതിന്റെ അതിനെ ആശ്രയിക്കിരിക്കുന്ന തത്വം ഒന്ന് തന്നെ ചെയ്തന്യേ അതുകൊണ്ടിവിടെ പറയുന്നു രണ്ടും ഒന്നാണ് ഹിരണ്യഗർഭനും മനസ്സനാണ് എന്ന് മനസ്സെന്ന് ഉപാധിയോടുകൂടിയവനാണ് ശ്രുതിയും പറയുന്നുണ്ട് ലിംഗം മനഃ ആ സൂത്രാത്മാവ് അഹിരണ്യഗർഭൻ അവൻ മനസ്സ് തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സാണവന്റെയും ഉപാധി ജീവനോട് പറയുകയാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ചെറിയ മനസ്സുണ്ടീ മനസ്സിന്റെ എന്നൊരു വലിയ രൂപമുണ്ട് അത് ആ സൂത്രാത്മാവ് ആസൂത്രാത്മാവിന്റെ ഉപാധി അത് തന്നെയാണ് ചിലടത്ത് സൂത്രാത്മാവെന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറയും അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സെന്ന് പറയുന്നത് ആ സൂത്രാത്മാവിന്റെ ഉപാധിയാണെന്ന് കാരണം ചിലടത്ത് പറയും പ്രപഞ്ചം തന്നെ വിരാട് പുരുഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പ്രപഞ്ചം സ്ഥൂല പ്രപഞ്ചം ആ വിരാട് പുരുഷന്റെ ഉപാധിയാണ് അതിനാധാരമായിരിക്കുന്ന ചൈതന്യത്തിനാണ് അവിടെ പ്രാധാന്യം അതുപോലെ പ്രപഞ്ചം മനസ്സാണ് സൂത്രാത്മാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മനസ്സാകലൂടെ പ്രകാശിക്കുന്ന ചൈതന്യം ചൈതന്യത്തിനാണ് അവിടെ പ്രാധാന്യം മനോമയോയം പുരുഷ ശ്രുതി പറയുന്നു ഈ പുരുഷൻ നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് എങ്ങനെയാണോ മനോമയനായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവും മനോമയനായിരിക്കുന്നു ഈ എല്ലാ മനസ്സുകളെയും ഉൾക്കൊണ്ടിരിക്കുന്നൊരു വലിയ മനസ്സ് അവിടെയും ഒരു തെറ്റിദ്ധാരണ വരേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ധരിക്കുന്നു പറഞ്ഞാണ് തെറ്റിപ്പോയതായിരിക്കും ഞാൻ ശരിയാണ് പറഞ്ഞാണ് തെറ്റിപ്പോയത് അല്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഓർക്കാതെ പറയുന്നതല്ല നമ്മൾ ധരിച്ചിരിക്കുന്നത് തന്നെയാണ് ശരി അതല്ല ശരി അനേകം മനസ്സുകൾ കൂടിച്ചേർന്ന് ഒന്നാകുന്നതല്ല ഇത് വ്യത്യാസമാണ് ഈ ജീവന്മാരുടെ അല്പമായ മനസ്സുകൾ കൂടിച്ചേർന്ന് കൂടി ചേർന്ന് എല്ലാം കൂടെ ചേർത്ത് വെച്ച് അതല്ല ഭിരണികീർഭന്റെ മനസ്സെന്ന് പറയും ഈ അനേക മനസ്സുകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനസ്സ് അതാണ് അത് രണ്ടിനും വ്യത്യാസമാണ് അനേക മനസ്സുകളെ കൂട്ടിച്ചേർത്ത ഒന്നാണ് സംരക്ഷിക്കുന്ന കരുതിയാൽ നമ്മൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും അനേകം പൂജ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു വലിയ പൂജ്യം എന്നേ മറിച്ച് ഈ അനേക മനസ്സുകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനസ്സെന്ന് പറയുമ്പോൾ അത് പൂജ്യമല്ല അതൊന്നാണ് അപ്പോ വൃഷ്ടി സമഷ്ടി എന്ന് ചിന്തിച്ചിട്ട് ഇതിനെന്തൊന്നും പൂജ്യമാക്കിക്കളയ ആ അതാണ് മനോമയനായ പുരുഷൻ ആ പുരുഷൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജീവനെയും തൈജസ്സനേയും ഈ പ്രപഞ്ച ത്തെ ആകെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ സൂത്രാത്മാവ് ഹിരണ്യഗർഭൻ ഇതൊക്കെ ഒരു ഒന്നിനെ കുറിക്കാൻ പറയുന്നതാണ് വിരാട് കൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെയാണ് എങ്ങനെ ഈ ശരീരം അന്യന്റെ ശരീരം ഇങ്ങനെയുള്ള ഓരോരോ ശരീരങ്ങളെയും കൂട്ടിച്ചേർത്തുവെച്ചിട്ട് അതിനെ സമഷ്ടിയെന്ന് വിളിച്ച് ആ ശരീരങ്ങളെല്ലാം ശരീരമാക്കിയിരിക്കുന്നവനെന്നുള്ള അർത്ഥമുണ്ടോ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്താവും ഒരു വലിയ പൂജ്യമാകത്തുള്ളൂ ഈ എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ശരീരമാണ് ആ ശരീരം എന്ത് ചെയ്യുന്നു ഈ എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊണ്ടതി ഈ ശരീരങ്ങളെന്ന് പറയുന്ന എന്താണ് പരിച്ഛിന്നമാണ് നമ്മുടെ ബുദ്ധിക്ക് വിഷയമാണ് പക്ഷെ ഈ ശരീരങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന സ്ഥൂലഭാവം ഈ അല്പനായ മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമല്ല വാസ്തവത്തിൽ അതിനെയാണ് സമഷ്ടി എന്ന് പറയും അതിനുപാധിയായി സ്വീകരിച്ചിരിക്കുന്നവനാണ് വൈശ്വാനരൻ ഇതെല്ലാത്തിലും മനസ്സിലാവും അല്ലെങ്കിൽ അന്തര്യാമിയെ കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ ധാരണ വളരെ വിഘനമായി പോയി എന്താണ് എന്റെ ഉള്ളിൽ അജ്ഞാനമുണ്ട് അന്യന്റെ ഉള്ളിൽ അജ്ഞാനമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അജ്ഞാനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ഈശ്വരനാവും എത്ര തുച്ഛമാണ് ചിന്ത സമഷ്ടി വഷ്ടി അങ്ങനെ ധരിച്ചാൽ വഷ്ടി എന്ന് പറയുന്നത് എന്താണ് എന്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനം സമഷ്ടി എന്ന് പറഞ്ഞാലോ എല്ലാ അജ്ഞാനങ്ങളും കൂടി ചേരും എല്ലാ അജ്ഞാനങ്ങളും കൂടി ചേരുമ്പോൾ അതിനുപാധിയായി സ്വീകരിച്ച ഈശ്വരൻ നമ്മളെ കാണുമ്പോൾ എത്ര വലിയ മണ്ഡനായിരിക്കും ഇത്രയും ചെറിയൊരു അജ്ഞാനം ഇരുന്നിട്ട് തന്നെ നമ്മൾ ഇത്രയും വലിയ മണ്ടന്മാരായി അപ്പോൾ എല്ലാ അജ്ഞാനം കൂടി ചേർന്നാണ് ഈശ്വരൻ ഈ എല്ലാ അജ്ഞാനവും കൊണ്ട് നടക്കുകയാണെങ്കിൽ ഐശ്വരന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പെരികീടായിരിക്കും വാതയുടെ സമഷ്ടി എന്ന് പറയുന്നത് ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മായാശക്തി അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്ന തനിക്ക് അധീനമാക്കി വെച്ചിരിക്കുന്ന ഒരു മായാ സൃഷ്ടി അതാണ് സമഷ്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് കുറെ പൂജ്യങ്ങൾ കൂടി ചേരുന്ന നല്ല സമഷ്ടി കുറെ വൃക്ഷങ്ങൾ കൂടി ചേരുന്നതല്ല വനം വനത്തെ സംബന്ധിച്ചത് ശരിയാണ് ഇവിടുത്തെ വനം അങ്ങനെ ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ ഉള്ള സർവജ്ഞത അതുകൊണ്ടല്ലേ സുഷുപ്തിയെക്കുറിച്ച് പറഞ്ഞു യേശ സർവജ്ഞ യേശ സർവേശ്വര എന്ന് പറയും നമുക്ക് സ്വയം അറിയാം എന്താണ് നമ്മൾ സർവജ്ഞന്മാരല്ല ഉണർന്നിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ സർവജ്ഞന്മാരല്ല അങ്ങനെയുള്ള താൻ ഉറങ്ങുമ്പോൾ എങ്ങനെ സർവജ്ഞനാകും ഉണർന്നിരിക്കുമ്പോ തന്നെ സർവജ്ഞനാകുന്നറിയാത്തവൻ അന്ധതയിൽ ഉറങ്ങുമ്പോ എങ്ങനെ സർവജ്ഞനാകും അപ്പൊ അവിടെ സർവജ്ഞത എന്ന് പറയുന്നത് എന്താണ് ആ പ്രാജ്ഞൻ അന്തര്യാമിയോട് ഏകീകവിച്ചിരിക്കുമ്പോൾ അവിടെ സർവജ്ഞനാകും അവിടെ അങ്ങനെ സർവജ്ഞനാകണമെങ്കിൽ ഈ തുച്ഛമായ അജ്ഞാനങ്ങൾ കൂടി ചേർന്നാൽ സർവജ്ഞനാകുമോ ഒരിക്കലും അവിടെ സർവജ്ഞനായിരിക്കുന്നതിന് എന്താണ് അചിന്യമായിരിക്കുന്ന ഈ പ്രപഞ്ചരജതയുടെ രഹസ്യങ്ങളെല്ലാം സ്വായത്തമാക്കി വച്ചിരിക്കുന്ന ഒരു ശക്തി വിശേഷം വേണം അതിനാണ് മായാശക്തി എന്ന് പറയുന്നത് ഈശ്വരീയ ശക്തി എന്ന് പറയുന്നത് അതിനോട് ആ ശക്തിയോടുകൂടിയിരിക്കുന്ന ഈശ്വരനോടുകൂടി അവൻ ഏകീഭവിച്ച രണ്ടെന്ന് വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവന്റെ ഈ തുച്ഛമായ അജ്ഞാനത്തോടുകൂടി തന്നെ അതുകൊണ്ട് പറയുന്നു അവിടെ സർവജ്ഞനായിരിക്കുന്നു സർവീശ്വരനായിരിക്കുന്നു എന്ന് പറയും നൂ പറഞ്ഞതാണ് വീണ്ടും പറയുകയാണ് കാരണം കേൾക്കുന്ന പലരുടെയും കാരണം പറയുന്നവന് വിവരമുണ്ടെന്നാണ് അത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇതിൽ ആവർത്തിക്കുകയാണ് അത് തന്നെ എവിടെയും പറയുന്നു എന്താണ് മനോമയനായിരിക്കുന്ന ഈ പുരുഷൻ ഈ ശ്രുതികളിലെല്ലാം ഇത് തന്നെ പറയുന്നു അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം ഈ തേജസനും ഈ സൂത്രാത്മാവും ഒന്ന് തന്നെ ഇവിടെ ചില ചോദ്യങ്ങളും സമാധാനങ്ങളുമാണ് നമ്മുടെ ബുദ്ധിയെ നേരാക്കാൻ വേണ്ടിയിട്ടാണ് നനു വ്യാഗ്രഹപ്രാണസുഷുപ്തെ തദാത്മകാന് കരണാനിഭവന്തി കഥം അവ്യാഗ്രത പ്രാണബന്ധനം ഹി സൗമ്യ മനഃ ചാന്തു മന്ത്രം വളരെ പ്രസിദ്ധമായ മന്ത്രമാണ് വളരെ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു മന്ത്രമാണ് അതിവിടെ ഭക്ഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഉദ്ധരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്ത് സുഷുപ്തിയിൽ പ്രാണൻ എങ്ങനെ അഭ്യാകൃതനാകും എന്നാ പ്രാണന് രണ്ടർത്ഥം ഒന്ന് ജാഗ്രതത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണം ഇതേ പ്രാണൻ തന്നെ സുഷുദ്ധയിൽ ഏകീഭവിച്ച് തിരിക്കുമ്പോൾ അവിടെ പ്രാണൻ എന്ന് പറയുന്നത് അവ്യാകൃത ആത്മാ എന്നുള്ള അർത്ഥം അതെങ്ങനെ അവ്യാകൃതനാകും എന്നാണ് ചോദിക്കുന്നത് സുഷുദ്ധിയിലെന്താണ് സംഭവിക്കുന്നത് ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ സയൻസിന്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ പുതിയ ഗുരുക്കന്മാരുടെ ചിന്തയനുസരിച്ചോ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ പറയുന്നതൊക്കെ പഴഞ്ചം കാര്യങ്ങളാണ് സയൻസൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ച് വിവരമില്ല അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ സയൻസാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സയൻസും കൊണ്ട് എന്റെ അടുത്ത് യുദ്ധത്തിനും വരണം ഇവിടെ പറയുന്നത് ഈ പഴഞ്ചശാസ്ത്രമാണ് പറയുന്നത് അതിലെന്തെങ്കിലും സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ അത് അതിന്റെ പോരായ്മയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കും ഇവിടെ എന്താണ് പറയുന്നത് സുഷിസ്ഥയിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറയുന്നു ഒരു കാര്യം സ്പഷ്ടമാണ് നമ്മുടെ മനോവ്യാപാരങ്ങളെന്നും അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ഇത് രണ്ടും തർക്കമില്ലാത്ത കാര്യങ്ങളാണ് എന്നാലേ ഉറങ്ങാൻ പറ്റും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ ഉടൻ മനസ്സ് ഉണരും ദർശനസ്മരണകളുണ്ടാവും ജാഗ്രതത്തിലേക്കോ അല്ലെങ്കിൽ സ്വപ്നത്തിലേക്കോ ഒക്കെ പോവും അവിടെ ഇത് രണ്ടും സംഭവിക്കുന്നില്ല ഇവിടെ ഉപുൻഷത്ത് പറയുന്ന എന്താണോ അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും വിലയിക്കുന്നു എവിടേക്ക് വിലയിക്കുന്നു പ്രാണനിലേക്ക് വിലയിക്കുന്നു അതാണെന്ന് പറയുന്നത് തദാത്മകാനി കരണാനി ഭവന്തി പ്രാണാത്മകങ്ങളാകുന്നു പ്രാണനെന്ന് പറയുന്ന എന്താണ് വ്യാകൃതങ്ങളാണ് എന്ന് വെച്ചാൽ ദേശകാല വസ്തുബോധത്തിൽ നിൽക്കുന്നവയാണ് അവയല്ല അല്ലെങ്കിൽ ദേശകാല വസ്തുക്കളെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടുകൂടിയാണ് ജീവൻ ദേശകാല വസ്തുബോധങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് ഇത് ഈ പ്രാണനോടുകൂടി ചേർന്നു കഴിഞ്ഞാൽ പ്രാണനും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അവിടെയും ദേശകാല വസ്തുബോധമൊക്കെ നിൽക്കണമല്ലോ പിന്നെ ഈ പ്രാണൻ എങ്ങനെ അവ്യാകൃതനെന്ന് പറഞ്ഞു അവ്യാകൃതൻ എന്ന് പറഞ്ഞാൽ ദേശകാല വസ്തുബോധശൂന്യമായ അവസ്ഥ അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം പറയുന്നു മേശദോഷ അബ്യാകൃത ദേശകാല അവ്യാകൃതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദേശകാല വസ്തുവിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഭേദമൊന്നുമില്ലാത്തതാണ് അവ്യാകൃതം സുഷുപ്തിയിൽ പ്രാഞ്ഞൻ അവ്യാകൃതനായി തന്നെ ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന സ്ഥൂലപ്രാണൻ എന്ത് സംഭവിക്കുന്നു സുഷുപ്തന്റെ നിരയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത് അവിടെ കേവലം അവ്യാകൃതമായ അവസ്ഥ മാത്രം സുഷുപ്ത സൗഷുപ്ത ദൃഷ്ടി എന്ന് ഇവിടെ പറയും അതായത് ആ സുഷുപ്തന്റെ അവസ്ഥ ആവസ്ഥയെക്കുറിച്ച് ഉണർന്നിരിക്കുന്ന നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറിച്ച് പരമാവധി ചിന്തിക്കാവുന്ന എന്താണ് ദേശകാല വസ്തുബോധശൂന്യമായ അവസ്ഥ അവ്യാകൃതാവസ്ഥ അവിടെ ആർക്കും വിവാദത്തിന് ഇടമില്ല പക്ഷെ ഉറങ്ങുന്നവനെ ഉണർന്നിരിക്കുന്നവൻ കാണുന്നുണ്ട് അവൻ പറയും എന്താണ് യവൻ മരിച്ചിട്ടില്ല എന്തുകൊണ്ട് യവനിൻ്റെതാ പ്രാണവ്യാപാരം നടക്കുന്നുണ്ട് അവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല മനസ്സ് പ്രവർത്തിക്കുന്നില്ല അതൊക്കെ ശരിയായിരിക്കാം കാരണം മനസ്സ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവൻ പ്രതികരിച്ച ഗാഠനെതിരയിലാണ് പ്രതികരണ ശേഷിയില്ല ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നെ കണ്ടണേ ഞാൻ പറയുന്ന കേട്ടണേ ഇത് രണ്ടും സംഭവിക്കുന്നില്ല പക്ഷെ പ്രാണൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോ സൗക്ഷുപ്ത പുരുഷന് പ്രാണനില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും ഇത് ജാഗ്രത്തിലിരുന്ന് ഉറങ്ങുന്നവനെ കാണുന്നവന്റെ ദൃഷ്ടിയിലാണ് അത് ശരിയാണ് ജാഗ്രതത്തിലിരുന്ന് ഉറങ്ങുന്നവനെ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രാണവൃത്തികളെല്ലാം മുഖ്യപ്രാണനും വിനയിച്ചിരിക്കുന്നു പ്രാണവൃത്തികളെന്ന് പറയുമ്പോൾ അപാനം സമാനം ഉദാനൻ വ്യാനൻ എന്നെല്ലാം പറയുന്ന ഉപപ്രാൻ പ്രാണന്മാര് പിന്നെ അതിന്റെ ഉപപ്രാണന്മാരെ കുറിച്ചും പറയുന്നത് ശ്വാസങ്ങളിൽ നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനജൻ ഇങ്ങനെയൊക്കെ പ്രാണന്മാർക്ക് പല പേരുകൾ പല പ്രവൃത്തികൾ കണ്ണ് ചിമ്മുന്നതും കണ്ണ് തുറക്കുന്നതും ഒരു പ്രാണന്റെ ജോലിയാണ് കോട്ടുവായിടുന്നതൊരു പ്രാണന്റെ ജോലിയാണ് ഛർദിക്കുന്നതൊരു പ്രാണന്റെ ജോലിയാണ് തുമ്മുന്നത് പ്രാണന്റെ ജോലിയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത് വേറൊരു തന്റെ ഇങ്ങനെ പ്രാണന്മാർക്ക് പ്രവൃത്തി പറയുന്നു ഓരോ നാടികളിലും പ്രവർത്തിക്കുന്നത് ഒരു പ്രാണന്റെ പ്രവൃത്തിയാണ് ഇങ്ങനെയെല്ലാം പറയും ഇങ്ങനെ പറയുന്ന എന്താണ് പ്രാണവൃത്തികൾ നമ്മുടെ സങ്കല്പങ്ങള് ദർശനസ്മരണകള് മനോവൃത്തികളെന്ന് പറയുന്നത് പോലെ ഈ പ്രവർത്തനങ്ങൾ പ്രാണവൃത്തികളെന്ന് പറയുന്നു ഈ പ്രാണൻ മുഖ്യപ്രാണൻ തന്നെ ശരീരത്തിന്റെ ഓരോ സ്ഥാനങ്ങളൊക്കെ ആവശ്യപ്പെടും ഹൃദയത്തിൽ പ്രാണനായിരുന്നു കൊണ്ട് ുധത്തിൽ അപാനനായിരുന്നു കൊണ്ട് അങ്ങനെ ഓരോ സ്ഥാനങ്ങളെയും പറയുന്നു സർവശരീരത്തിനും വ്യാനനായിരുന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നു ഓരോ സ്ഥാനങ്ങളും ഇത് സ്ഥാനത്തിരുന്നു കൊണ്ട് ഓരോ പ്രവൃത്തി ഈ പ്രാണൻ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി പ്രാണനും ഉപപ്രാണന്മാരും കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തി ഇതെന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്ഥൂല ശരീരത്തിൽ ഈ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവയുടെ പ്രവൃത്തികളീവനെങ്ങനെ നിലനിർത്തുന്നു ജാഗ്രതായിട്ടും സ്വപ്നമായിട്ടും സുഷുപ്തമായിട്ടും നിലനിർത്തുന്നു അങ്ങനെ നിലനിർത്തുന്നു അത് ഈ മൂന്ന് കാര്യങ്ങൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ ജാഗ്രത എങ്ങനെ അനുഭവപ്പെടുന്നു ഈശ്വര ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ പറഞ്ഞു ഈ ജാഗ്രതയിൽ തന്നെ ൈജസ്സന്മാരെയും നമ്മൾ അനുഭവപ്പെടുന്നു അപ്പൊ നമ്മുടെ ഈ അനുഭവങ്ങൾക്ക് സ്ഥൂരശരീരമാണ് മുഖ്യമായ അവലംബം ഈ സ്ഥൂരശരീരത്തിൽ ഈ പ്രാണനെ നിലനിർത്തുന്ന മുഖ്യപ്രാണന്റെ അനുയായികളായ ബാക്കിയുള്ള എല്ലാ പ്രാണന്മാരും അതായത് പ്രാണവൃത്തികളെല്ലാം കൂടിച്ചേർന്ന് സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൽ സുഷുത്തിയിൽ ചെയ്യുന്നു ആ മുഖ്യപ്രാണൻ അതിന്റെ മുഖ്യവൃത്തി നിലനിൽക്കുന്നു ബാക്കി വൃത്തികളെല്ലാം അതിലേക്ക് വിലയിക്കുന്നു ബാക്കി വൃത്തികളെന്ന് പറഞ്ഞാൽ എന്താണോ മുഖ്യപ്രാണന്റെ ജോലി എന്താണോ ഈ സ്ഥൂല ശരീരത്തിനോട് ജീവനെ ബന്ധിപ്പിക്കുക മറ്റ് പ്രാണവൃത്തികൾ എന്താ ചെയ്യുന്നത് ഈ ശരീരത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ബാക്കി പ്രവൃത്തികൾ ചെയ്യും ഈ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തികളാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം അതിനെ തുടർന്ന് പല കാര്യങ്ങളും നടക്കും അതെല്ലാം മറ്റ് പ്രാണന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ലേ ഉറക്കത്തിൽ ഗാഠനെതിരെ നമുക്ക് കണ്ണു മിഴിക്കാൻ പറ്റുന്നില്ല കാരണം ആ പ്രാണനവിടെ പ്രവർത്തിക്കുന്നില്ല വാതുറക്കാൻ പറ്റുന്നില്ല ആ പ്രാണനവിടെ പ്രവർത്തിക്കുന്നില്ല ആ പ്രാണവൃത്തി അവിടെ പ്രവർത്തിക്കുന്നില്ല പക്ഷേ അവിടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതെല്ലാം മുഖ്യപ്രാണന്റെയാണ് രക്തചംക്രമണം നടക്കുന്നുണ്ട് മുഖ്യപ്രാണന്റെ ജോലിയാണ് ജീവനശരീരത്തോട് സൂര്യശരീരത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബന്ധത്തെ അത് നശിപ്പിക്കുന്നുണ്ട് അടുത്തിവിടെ പറയും പ്രാണലയം തൊട്ടടുത്ത് തന്നെ പറയും പ്രാണലയം എന്ന് പറഞ്ഞാലോ മുഖ്യപ്രാണന്റെ ലയം സുഷുപ്തിൽ എന്ത് ചെയ്യുന്നു ഈ പ്രാണന്മാരെല്ലാം മുഖ്യപ്രാണനിൽ വിലയിക്കും മരണത്തിലോ മുഖ്യപ്രാണനും വിലയിക്കും അതിന്റെ ഉപാദാനത്തിലേക്ക് വിലയിക്കും ഇതൊന്നും നേരത്തെ പറഞ്ഞു ജാഗ്രത സ്വപ്ന സുഷുതികളൊന്നും തന്നെ ജീവന്റെ ഇച്ഛ കൊണ്ടല്ല പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം സുഷിത്തയിൽ നമുക്കറിയാം അവിടെ ഈ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട് ജീവനെ ശരീരത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട് ആ പ്രാണം തന്നെയാണ് ആ സുഷുയിൽ നിന്നവനെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ ദേഹത്തൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനവൻ ഉണരുന്നു അവിടെ പ്രാണം പ്രവർത്തിക്കും അല്ലെങ്കിൽ അവൻ സ്വപ്നത്തിലേക്ക് പോകും സ്പർശനത്തിന്റെ സ്വഭാവം അനുസരിച്ച് എങ്ങോട്ടും പോകാം ഇപ്പൊ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് ഇവനെ അതിനനുസരിച്ച് ഇവനെ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കുമൊക്കെ നടത്തിക്കുന്നവരാണ് ഈ പ്രാണൻ തന്നെയാണ് അവിടെ നമ്മുടെ ഇച്ഛ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ജ്ഞാനം പ്രവർത്തിക്കുന്നുണ്ടോ ഒന്നും പ്രവർത്തിക്കുന്നില്ല പിന്നെ അവിടെ ഈ പ്രാണനെ കൊണ്ടിരൊക്കെ ചെയ്യിക്കുന്ന പ്രാണൻ എന്ന് പറയുന്നൊരു ശക്തി വിശേഷമാണ് ആ പ്രാണൻ ഉണർന്നിരുന്നു ജാഗ്രതത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ ആ പ്രാണന പ്രവർത്തിക്കുന്നതിന് വേണ്ട വഴി തെളിച്ചു കൊടുക്കുന്ന ആരാണ് അവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ചൈതന്യം എന്ന് പറയുമ്പോൾ ആ ബോധസ്ഫുരണം ആ ബോധസ്ഫുരണമാണ് അല്ലേ കൈ ഉയർത്തുന്നു താഴ്ത്തുന്നു അറിഞ്ഞുകൊണ്ടേ അതിന്റെ പിന്നിൽ ബോധം പ്രവർത്തിക്കുന്നു കണ്ണു തുറക്കുന്നു അടയ്ക്കുന്നു കാണുന്നു കാണാതിരിക്കുന്നു കേൾക്കുന്നു കേൾക്കാതിരിക്കുന്നു ഇവിടെയെല്ലാം ഉള്ളിലിരിക്കുന്ന ബോധം ാണനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു ഇപ്പൊ ചൈതന്യസ്ഫരണം പ്രാണനൊരു വിശേഷതയുണ്ട് എന്താണ് ഒരിക്കലും അതിന് ചൈതന്യത്തെ പൂർണമായും വിട്ടിരിക്കാൻ ഒക്കത്തില്ല പ്രാണൻ എന്ന് പറയുന്നത് ചി ഛായയോടുകൂടിയേ നനഞ്ഞു കൊള്ളുന്നു അല്ലെങ്കിൽ പ്രാണനെന്ന് പറയുന്ന ഒരു വസ്തുവില്ല കേവലം ജഡമായി പ്രാണൻ എന്നു പറയുന്ന ഒന്നില്ല എന്തുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് അന്തര്യാമിയുടെ മനസ്സ്പന്ദനമാണ് എന്തോ ഒരു ശക്തി തന്നെ സ്പന്ദിച്ചതാണ് അപ്പോൾ ആ ഒരു ശക്തി തന്നെ പ്രാണനായും മറ്റ് ബോധസ്ഫുരണങ്ങളായും എല്ലാം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ താണ് പ്രാണനൊരിക്കലും ഈ ബോധസ്ഫുരണത്തെ വിട്ടുനിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ബോധസ്ഫുരണം പ്രാണനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ജാഗ്രത് ബോധവും ജാഗ്രത് പ്രവൃത്തികളും എല്ലാം പക്ഷെ സുഷുദ്ധയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു ഈ ബോധസ്ഫുരണവും വിലയിച്ചിരിക്കുന്നു കരണങ്ങൾ വിലയിച്ചു അന്ധകരണം വിലയിച്ചു മനസ്പന്ദനങ്ങളില്ല ജാഗ്ര സ്വപ്നസ്പന്ദനങ്ങളില്ല പക്ഷെ പ്രാണശേഷിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ബോധപൂർവം അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബോധപൂർവം വിശ്വസിക്കാൻ പറ്റുന്നില്ല ബോധപൂർവ ശരീരത്തിലെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല ബോധപൂർവം ആയിരിക്കേണ്ട ആ ബോധം അതവിടെ വിലയിച്ചുപോയി അത് വിലയിച്ചെങ്കിൽ ഇവന് ആ പ്രാജ്ഞാവസ്ഥയിൽ നിന്ന് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നേരാ അതാണ് അന്തര്യാമി എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല വ്യായാമമൊക്കെ ചെയ്ത് ആവശ്യത്തിനുള്ള യൊക്കെ വിഴുങ്ങി ഈ ശരീരത്തെങ്ങനെ നമ്മൾ ബലവത്താക്കി നിർത്തുന്നു ശരീരത്തെങ്ങനെ നമ്മളെന്ത് പറയുന്നു ആരോഗ്യമുള്ളതാക്കി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വസതി സംഭവിക്കുന്നത് നമ്മൾ ഈ ശരീരത്തിന് പ്രാണനുമായിട്ടുള്ള ബന്ധനത്തെ നിലനിർത്താൻ ശ്രമിക്കുന്നു അവിടെ പ്രാണനെ കൊണ്ടിതൊക്കെ പ്രവർത്തിപ്പിക്കാൻ അതിന്റെ പിന്നിൽ ഈ ബോധമുണ്ട് ബോധപൂർവ്വം ശ്രമിക്കുന്നു അപ്പൊ ജീവനെന്തെയ്യുന്നു ബോധപൂർവം ഈ സൂരശരീരത്തിനുള്ള പ്രാണബന്ധനത്തെ ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് കുറെയൊക്കെ വിജയിക്കുന്നു പരാജയപ്പെടുകയും ചെയ്യുന്നു സുഷുപ്തിയിലോ ഈ പ്രാണബന്ധനം നിലനിർത്തുന്ന കാരണം അവിടെ ബോധം സ്ഫുരിക്കുന്നില്ല പക്ഷേ ശരീരത്തിൽ പ്രാണബന്ധനം നിലനിൽക്കും അതില്ലാതെ വന്നാൽ പറയും ചത്തുപോയി അവിടെ ഒരു ശ്രമവും നടക്കുന്നു അവിടെ അന്തര്യാമി മനസ്സ് വയ്ക്കുന്നില്ല ഇത് കുറച്ചു ദിവസം കൂടെ നിൽക്കട്ടെ മനസ്സുവെക്കാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ ഈ സുഷുതിയിലും ഈ പ്രാണബന്ധനം തുടരത്തി അതന്തരിയാമിയാണ് അന്തരിയാമിയാണ് സുഷുപ്തിയിൽ ഈ പ്രാണനെ ഈ ശരീരത്തോട് ബന്ധിപ്പിച്ച് നിൽക്കുന്നത് ജാഗ്രത്തിൽ ജീവൻ ബോധപൂർവം അതിനുവേണ്ടി ശ്രമിക്കുന്നു അവന് ശ്രമിക്കുന്നു അവന് കഴിയുന്നു അതുകൊണ്ടവു വിചാരിക്കുന്നു എന്താണോ ഈ ശരീരത്തെ ആരോഗ്യമാക്കി വെക്കുന്നത് ഈ ശരീരത്തിൽ പ്രാണി നിലനിർത്തുന്നതൊക്കെ എന്റെ പ്രയത്നം കൊണ്ടാണെന്ന് വിചാരിക്കുന്നു അവിടെ അവന്റെ ജ്ഞാനവും ഇച്ഛയും എന്ന അവിടെ ഫലവത്താകുന്നു പക്ഷെ പരമാർത്ഥം എന്തുകൊണ്ട് ആ സുഷുതിയിൽ അവനവിടെ യാതൊരു സ്വാതന്ത്ര്യമില്ല അവിടെ കേവലം അന്തര്യാമിയുടെ നിയമത്തിന് വിധേയമായി അതിന് നമുക്ക് ജ്ഞാനമെന്നോ സങ്കല്പമെന്നോ ഇച്ഛയെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒന്ന് നമ്മുടെ അല്ല അന്തര്യാമിയുടെ ബ്രാഹ്മൻ സർവഭൂതാനി എന്ന് പറഞ്ഞു അങ്ങനെ സർവഭൂതങ്ങളെയും ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്തര്യാമിയുടെ നമുക്കറിയാൻ വയ്യാത്ത ഒരു ശക്തി വിശേഷം അതിനെയാണ് ഇവിടെ അടുത്ത് പറയും ഭാഷകാരൻ അനിർവചനീയം ആ സുഷുത്വതിനെ നിലനിർത്തുന്ന ആ ശക്തി വിശേഷത്തെ അനിർവചനീയം എന്നേ പറയാൻ പറ്റും അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇരട്ട പേരാണ് മായ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടരുത് മായന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നതൊന്നും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും ഒന്നും മനസിലാക്കാത്ത ഒരു പേര് കൊടുത്തു മായ ആ ശക്തി വിശേഷമാണ് ഇതിനെ അവിടെ നിലനിർത്തുന്നത് ഈ ശരീര പ്രാണബന്ധനത്തെ നിലനിർത്തുന്നത് അവിടെ ഇതെല്ലാം വിജയിച്ചിരിക്കുന്നു ബാക്കിയെല്ലാം അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുസൃപ്തിക്കൊന്നും ഈ ജീവന് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നു അതിനെല്ലാം അതിന്റെയെല്ലാം നിയന്ത്രണം ഇരിക്കുന്നത് അന്തര്യാമിയിലാണ് അതുകൊണ്ട് തന്നെ ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഒന്നും ജാഗ്രത്തിനും സ്വപ്നത്തിനും ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ തന്നെ അതിനും ജീവന് സ്വാതന്ത്ര്യമില്ല അതും നിശ്ചയിച്ചിരിക്കുന്ന ആരാണോ ഈ അന്തര്യാമി തന്നെയാണ് അനർവചനീയമായ ശക്തി തന്നെയാണ് അതും നിശ്ചയിച്ചിരിക്കുന്നത് മരണത്തിനെന്താ സംഭവിക്കുന്നത് ഈ പ്രാണൻ ഈ മുഖ്യപ്രാണൻ സുഷുപ്തിയിലും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പ്രാണൻ അത് തിരിച്ചറിയുന്നു എന്താണോ പറഞ്ഞല്ലോ ആ പ്രാണന് തിരിച്ചറിവുണ്ട് കാരണം ചൈതന്യത്തെ വിട്ടതിന് നിൽക്കാൻ ഈ സ്ഥൂലമായ ചൈതന്യം ഇല്ലെന്നേയുള്ളൂ സൂക്ഷ്മമായ ചൈതന്യം ഇപ്പോഴും അതിന്റെ പിന്നിലുണ്ട് അത് തിരിച്ചറിയുന്നതെന്താണ് ഈ സ്ഥൂല ശരീരം തനിക്ക് വാസയോഗ്യമല്ല എന്ന് ഏത് നിമിഷം തിരിച്ചറിയുന്നു ആ നിമിഷം ആ പ്രാണൻ ഈ ശരീര ബന്ധനത്തെ അവസാനിപ്പിക്കും അതാണ് മരണം അത് ആന്റെ കൈയിലിരിക്കുന്നു അതും അന്തര്യാമിയുടെ കയ്യിലാണ് കാരണം ബോധപൂർവം ഉണർന്നിരുന്നു കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്താണ് ഈ ശരീരം വാസയോഗ്യമാണോ അല്ലയോ വാസയോഗ്യമല്ല എന്ന് തീരുമാനിച്ചാൽ ഉടൻ പ്രാണൻ ഇറങ്ങിപ്പോകുന്നില്ല ണെന്ന് തീരുമാനിക്കുന്നോണ്ട് ഇത് തുടരുന്നു അത് പിന്നെ ആര് തീരുമാനിക്കുന്നു അതും അന്തരിയാമി ഇത് വാസയോഗ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ചിലർക്ക് പുതുറക്കൻ ചോദിക്കും അതെങ്ങനെയാണ് എന്റെ അപ്പൂപ്പനെ പത്ത് ദിവസം വെന്റിലേറ്ററിൽ ഇട്ടിരുന്നു പത്ത് ദിവസം കൂടി ആയുസ് നീട്ടിക്കൊടുത്തല്ലോ ഡാക്ടർ അപ്പൊ പിന്നെ ഇതെല്ലാം ഈശ്വരനാണ് തീരുമാനിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും അനന്താ യുക്തി വെന്റിലേറ്ററിൽ ഇടായിരുന്നെങ്കിൽ മൂപ്പിന് മരിച്ചു പോയത് അതിലിട്ടതുകൊണ്ടാണ് പത്ത് ദിവസം കൂടെ നീണ്ടിരുന്നത് അപ്പം വാസ്തവത്തിൽ അവിടെ നീട്ടിക്കൊടുത്തത് ദൈവമാണോ അതേ ഡോക്ടർ ദൈവമാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നതിലൊരു യുക്തിയുണ്ട് ആധ്യാത്മികമായൊരു യുക്തി അതിനകത്തുണ്ട് ചോദിക്കുന്നൊരു പാഴ് ചോദ്യമുണ്ട് വാസ്തവത്തിൽ പത്ത് ദിവസം നീട്ടിക്കൊടുത്ത ഡോക്ടർ തന്നെയാണ് എന്തുകൊണ്ട് കാരണം ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ഇതാണ് ഈ ശരീരത്തെ എത്ര കാലം പ്രാണവാസ്യ യോഗ്യമാക്കി നിലനിർത്താമോ അത്രയും കാലം ജീവൻ അതിൽ ഇരുന്നോട്ടെ അതാണ് നിങ്ങൾക്ക് ഈ ശരീരത്തിന് ഒരു ആയിരം വർഷം പ്രാണയോഗ്യമാക്കി പ്രാണവാസ യോഗ്യമാക്കി നിർത്താമെങ്കിൽ ജീവൻ ഒരു സംശയം കൊണ്ട് ആയിരം വർഷം ഇരുന്നോട്ട് ഒരു കുലുക്കുമില്ലായിരിക്കും അവസാനം അടുത്താലേ ഇറങ്ങി പോകത്തുള്ളൂ അതാണ് പഴയകാലത്ത് രസായനവിദ്യയും മറ്റും പറയുന്നത് എന്താണ് ശരീരത്തെ കൂടുതൽ വാസയോഗ്യമാക്കി മാറ്റാം അതിനുള്ള ഇതിൻ്റെ രസായന വിദ്യകളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടും ചെയ്തിട്ടുണ്ട് ഇത് വെന്റിലേറ്ററിൽ പത്ത് ദിവസേ പറ്റുമോ കേട്ടോ പഴയകാലത്ത് ആയിരം വർഷം വരെയൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാമെങ്കിൽ ശരീരത്തെ അങ്ങനെ യോഗ്യമാക്കി വയ്ക്കാൻ ജീവന് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രാണൻ അവിടെ ഇരുന്നു അതാണ് ഈശ്വരീയമായ നിയമം അത് അവിടെയെന്നു ഒരിക്കുന്ന ഈശ്വരീയ നിയമത്തെ ആരും ലംഘിക്കുന്നില്ല ആ ഈശ്വരീയ നിയമത്തിനനുസരിച്ച് പോകുന്നതേയോ പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആ പ്രാണലയ സംഭവിച്ചാൽ അവിടെ ഈ സ്ഥൂരശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നില്ല അതാണ് സുഷുതിയും മരണവും തമ്മിലുള്ള വ്യത്യാസം സുഷൃത്തിയിൽ പ്രാണവൃത്തികൾ ലയിക്കുന്നു ക്കുന്നില്ല മരണത്തിൽ പ്രാണവൃത്തികൾ ഇന്ദ്രിയവൃത്തികൾ മനോവൃത്തികളെല്ലാം പ്രാണനിൽ ലയിച്ച് പ്രാണൻ സ്വകാരണത്തിലേക്ക് ലയിക്കും അതാണ് പ്രാണലയം ആ രണ്ട് കാര്യങ്ങളിവിടെ ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഭാഷത്തിൽ രണ്ടു കാര്യവും പറയുന്നുണ്ട് രണ്ട് തമ്മിലെ വ്യത്യാസം എന്താണോ ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോ പ്രാണാഭിമാനോ ഉറക്കത്തിൽ പ്രാണാഭിമാനമില്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് പറയുന്നു യദ്യപി പ്രാണാഭിമാനേ സതി വ്യാകൃത ഏവ പ്രാണസ്യ പ്രാണാഭിമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നു എന്റെ പ്രാണൻ എന്റെ പ്രാണന് ഞാൻ സംരക്ഷിക്കുന്നു എന്റെ പ്രാണൻ എനിക്ക് വലുതാണോ അവിടെ പ്രാണാഭിമാനത്തിന്റെ അടയാളമാണതൊക്കെ അവിടെ പ്രാണൻ വ്യാകൃതനായിരിക്കുന്നു എന്നുവെച്ചാൽ മനോബുദ്ധി രൂപത്തിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു മനോബുദ്ധി രൂപത്തിൽ അത് വ്യാപരിക്കുമ്പോഴാണോ നമുക്ക് ദേശകാല വസ്തു ബോധങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതാണ് അതിന്റെ വ്യാകൃത എന്ന് പറയുന്നത് പ്രാചനത്തില്ല തഥാപി പി പരിച്ഛിന്ന വിശേഷ അഭിമാന നിരോധ പ്രാണെ ഭവതി സുഷുത്തിയിൽ അങ്ങനെ ഈ പിണ്ടപരിച്ഛിന്നമായി പിന്നെന്താണ് ഈ ശരീരം ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന വിശേഷങ്ങൾ ആ വിശേഷാഭിമാനങ്ങൾ ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന അഭിമാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പ്രാണന്റെ അഭിമാനങ്ങൾ ഈ ശരീരത്തെ സംബന്ധിച്ച് വരുന്ന അഭിമാനങ്ങൾ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് അത് പിണ്ടപരിച്ഛിന്നമായ അഭിമാനങ്ങളാണ് ഞാൻ സന്യാസിയാണ് ഞാൻ ത്യാഗിയാണ് ഞാൻ യോഗിയാണ് ഞാൻ ഭോഗിയാണ് ഞാൻ നല്ലവനാണ് ഞാൻ ദുഷ്ടനാണ് ഈ തരത്തിലേ തരത്തിലും വരാം അഭിമാനങ്ങൾ അതാണ് പിണ്ടപരിച്ഛിന്നഭിമാനങ്ങളെന്ന് പറയുന്നത് വിശേഷാഭിമാനങ്ങൾ ഈ അഭിമാനങ്ങളുടെയെല്ലാം നിരോധം സംഭവിക്കും ഈ അഭിമാനങ്ങളുടെ എല്ലാം വിലയ സംഭവിക്കും പ്രാണനിൽ എവിടെ സുഷുപ്തിയിൽ അവിടെയെന്ന് വരുന്നു അവകൃത ഏവ അവിടെ പ്രാണൻ അവ്യാകൃതനായിരിക്കുന്നു സുഷുപ്തിയിൽ ആർക്ക് പരിച്ഛിന്ന അഭിമാനവത ഈ പരിച്ഛിന്ന അഭിമാനമുള്ള ജീവന്മാർ വിശ്വ തേജസ്വ പ്രാജ്ഞ രൂപത്തിലിരിക്കുന്ന ഈ ജീവൻ ഇതെല്ലാം ആ സുഷുപ്തിയിൽ വിലയിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെടുന്നു അവിടെ ദേശകാല വസ്തുബോധമില്ലാത്തതുകൊണ്ടും ഒരു തരത്തിലുള്ള ബോധവുമില്ല അതാണ് ചന്ത പറഞ്ഞു സതിസമ്പദ് അവിടെ ആ സത്തിനോട് ഏകീഭവിച്ചിട്ട് നവിദുഹു അവനറിയുന്നില്ല സതിസമ്പദ് മഹേ ഞാനിതാ പ്രാജ്ഞനായിരിക്കുന്നു എന്നവനറിയുന്നില്ല ജാഗ്രത്തിൽ ആ വിശ്വൻ പ്രാജ്ഞനായാലും അവനറിയാൻ കഴിയത്തില്ല എന്താണോ സതിസമ്പദ് ഞാനിതാ പ്രാജ്ഞനായിരിക്കുന്നു എന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രാജ്ഞനായിരുന്നുകൊണ്ട് എന്തെങ്കിലും അഭ്യാസം നടക്കുമോ കർമ്മയോഗം പറ്റുമോ മറ്റെന്തെങ്കിലും യോഗം പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അസ്ഥാനത്താണ് ശ്രുതി എന്ന് പറയുന്നത് എന്താണോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് ശ്രുതിയെ പറയുന്നത് അറിയുന്നില്ല സതി സമ്പദ് മഹീത ഞങ്ങളെല്ലാവരും ഉറങ്ങുന്നു എന്നാർക്കും അറിയാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ആ പ്രാജ്ഞാവസ്ഥയിലാണോ എന്നൊരിക്കലും നമുക്കറിയാൻ പറ്റത്തില്ല യഥാ പ്രാണലയെ പരിച്ഛനാഭിമാന പ്രാണോ അഭ്യാകൃതത്തിൽ പ്രാണലയെന്നുവച്ച മരണോ വേറെ ഒന്നും മരണം തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഞാൻ കണ്ടക്ഷോഭം നടത്തിയത് മുഖ്യപ്രാണന്റെ ആലയം സംഭവിക്കുന്നു മരണത്തിൽ അത് എവിടേക്ക് ലയിക്കുന്നു അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത് പ്രാണൻ സ്ഥിതി ചെയ്യുന്നത് ഉള്ള അധ്യാത്മശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൂടി ചേർന്ന് അതിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് പ്രാണൻ നോക്കുന്നത് ആ പ്രാണൻ ഈ സ്ഥൂല ഒരു ബന്ധം വയ്ക്കുന്നു ആ ബന്ധം വെച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ജാഗ്രത സ്വപ്ന സുഷുതി അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിശ്വതൈസ്വ പ്രാചന്മാരുടെ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു പ്രാണലയത്തിലെന്ത് സംഭവിക്കുന്നു ഈ ബന്ധത്തെ അവൻ വിച്ഛേദിക്കുന്നു ആ പ്രാണൻ തിരിച്ച് തന്റെ എല്ലാ വൃത്തികളും വിലയിപ്പിച്ച് ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കും അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരമായി തന്നെ നിൽക്കും വൃത്തി വിലയും പൂർണമായ വൃത്തി വിലയും പ്രാണന് സംഭവിക്കും അതേ സമയത്തായിരിക്കും ജാഗ്രതത്തിലാകാം സ്വപ്നത്തിലായ സുഷുതിയിലാകാം എപ്പോഴാണോ അത് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുത്തുന്നത് ആരായി പ്രാണനെ ബോധ്യപ്പെടുത്തുന്നു ആരന്തര്യാമി ബോധ്യപ്പെടുത്തുന്നു ചിലപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും തട്ടിപ്പോകുന്നു ആ സമയത്തായിരിക്കും അന്തര്യാമി പ്രാണനോട് പറയുന്നത് നിനക്ക് പറ്റിയതല്ല വിട്ടരെ പിന്നെ ഉണർന്നൊന്നും പരിശോധിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ജീവിച്ചിരിക്കണോ മരിക്കണമോ ചിന്തയ്ക്കൊന്നും അവകാശമില്ല എപ്പോഴാണോ പ്രാണനെ ബോധ്യപ്പെടുന്ന ഉടൻ അത് കറണ്ട് പിൻവാങ്ങുന്നതുപോലെ ബൾബിൽ നിന്ന് അതങ്ങ് പിൻവാങ്ങും പിന്നെ അവിടെ ഒരു പ്രകാശവും പ്രാണശക്തി നശിച്ചാലോ ആ സമയം ഇത് ജീർണിക്കാനും തുടങ്ങും ആ ജീർണതയെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ പ്രാണശക്തി പറഞ്ഞല്ലോ ഇതിനെ നിലനിർത്തുന്ന പ്രാണശക്തിയാണ് അതിൽ നിന്ന് പിൻവാങ്ങും അതിന് പോകുന്നതിനും വരുന്നതിനും സ്ഥലമൊന്നും വേണ്ട ഈ ദേശകാലങ്ങളൊന്നും അതിന് വേണ്ട അത് ഈ ദേശകാലങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ സാധനം ധരിച്ചിരിക്കുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാനൊന്നും അതിന് സ്ഥലമില്ല ഇവിടുത്തെ ദേശകാലങ്ങളൊക്കെ ഈ സ്ഥൂലതയ്ക്കാണ് സൂക്ഷ്മത്തിൽ ഈ ദേശകാലങ്ങളൊന്നുമില്ല അതുകൊണ്ട് അതിന്റെ സ്ഥാനം ഏതാണ് അതിന്റെ കാലം ഏതാണെന്നൊന്നും ചോദിക്കരുത് കാല ദേശബോധങ്ങൾ സ്ഥൂലതയിലേ നമുക്കുള്ളൂ അതിനെക്കുറിച്ചേ നമുക്കറിയുള്ളൂ മറ്റതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അതുകൊണ്ട് പറയുന്നെന്താണത് സൂക്ഷ്മ അദ്ദേഹത്തിലേക്ക് തന്നെ അത് പിൻവാങ്ങും അതിന് വൃത്തി വില സംഭവിക്കുന്നത് എപ്പോഴായാലും അന്തര്യാമി അതിനെ പറഞ്ഞു ഈ ബോധത്തിന് അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അത് വിജയിച്ചിരിക്കുന്നു അതിനറിയാനും കഴിയുന്നില്ല തന്റെ കാലം എത്തിയോ എന്നറിയാൻ കഴിയുന്നില്ല അന്തര്യാമിക്ക് അറിയാൻ കഴിയും അതുകൊണ്ടാണ് അന്തര്യാമി പറയുന്നത് സർവേശ്വരനും അതുകാത്ത കൊണ്ടാണ് ഇവനെ അല്പജ്ഞനെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഏഷ്ട സർവജ്ഞ ഏഷ്ട സർവേശ്വര അതൊക്കെ അന്തര്യാമിക്ക് അറിയാം തനിക്കതറിയാൻ പറ്റുന്നു അതുകൊണ്ട് പറയുന്നു യഥാപ്രാണലയെ പരിച്ഛിന്ന അഭിമാനിനാ കുറച്ചുകൂടി സ്പഷ്ടമാണ് അതുകൊണ്ടാണ് മരണത്തെ ഉദാഹരണമായിട്ടെടുക്കുന്നത് പരിച്ഛൻ അഭിമാനികൾക്ക് ഈ ശരീരത്തിൽ അഭിമാനിച്ചിരിക്കുന്നവന് പ്രാണോ അവ്യാകൃത അവിടെ എങ്ങനെ പ്രാണൻ വ്യാകൃതനായിരിക്കുന്നു അവിടെ പ്രാണനെന്തെങ്കിലും സുഷുതിയെക്കുറിച്ച് നമുക്ക് തർക്കിക്കാം മരണത്തെക്കുറിച്ച് ആർക്കും അവർ തർക്കം അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നതായിട്ട് ജീവന്റെ ഒരു തരിമ്പെങ്കിലും അവിടെ അവശേഷിക്കുന്നതായിട്ട് ആരും ബാധിക്കട്ടെ സുഷുതിയിൽ അങ്ങനെയല്ല നമുക്ക് പറയാം പ്രാണനുണ്ടെന്ന് പറയാം ഒരു കൂട്ടർ പറയുന്ന എന്താണോ ഞാൻ ഉറങ്ങിക്കിടക്കുന്നു നീ കാണുന്നതുകൊണ്ടാണ് എന്നിൽ പ്രാണനുള്ളത് എന്ന് പറയും വേറത്തെ എന്തുപറയും ശരി കാണുന്നവന്റെ ദൃഷ്ടിയിൽ പ്രാണനുണ്ടെങ്കിലും ഉറങ്ങുന്നവന്റെ ദൃഷിയിൽ പ്രാണനില്ലല്ലോ അതുകൊണ്ടില്ല കാണുന്നവന്റെ ദൃഷ്ടിയിലുള്ളത് കൊണ്ട് ഉണ്ട് ഉറങ്ങുന്നവന്റെ ദൃഷ്ടില്ലാതുകൊണ്ട് ഇല്ല ഇങ്ങനെ നമുക്ക് തർക്കിച്ചോണ്ടിരിക്കാം എന്താണ് അവൻ ഉണർന്നു വരുന്നുണ്ട് മരിച്ചവൻ ഉണർന്നു വരുന്നില്ല അതുകൊണ്ട് മരിച്ചവനെ സംബന്ധിച്ച് പിന്നെ അവിടെ വീണ്ടും പ്രാണനുണ്ടോ ഇല്ലേന്ന് തിരക്കിക്കാൻ ഒക്കത്തല്ല കാരണം അവന് പിന്നെ ഉണർന്നു നിന്ന് തിരക്കാൻ അവസരം കിട്ടുന്നില്ല അതോടിയല്ല അവസാനിക്കും ഉറങ്ങുന്നവനല്ല അവന് ഉണർന്നതിനു ശേഷം വീണ്ടും ബാധിക്കും അവന് യുക്തികൾ പ്രയോഗിക്കും അതുകൊണ്ടാണ് ഉറക്കത്തെ വിട്ടിട്ട് മരണത്തിലേക്ക് പോയത് അവിടെ പ്രാണോ അവ്യാകൃത അവിടെ പ്രാണൻ അവ്യാകൃതനായി വൃത്തിശൂന്യനായി ശരീരബന്ധം എന്ന് പറയുന്നു പ്രാണന്റെ അവിടെ വൃത്തിശൂന്യനായി സ്ഥിതി ചെയ്യുന്ന അവിടെ ആർക്കെങ്കിലും തർക്കമുണ്ടോ മരിച്ചിട്ട് ആരെങ്കിലും ഒന്നും തർക്കിക്കാറുണ്ടോ അതുപോലെ തന്നെയാണ് തഥാ പ്രാണാഭിമാനോഭിമാനിയായിരിക്കുന്നവൻ ഇപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്റെ പ്രാണൻ എന്ന് പറയുന്നവനും എന്താണ് അവിശേഷ അബദ്ധവും അവ്യാകൃത സമാന അവിടെയും എന്താണ് ഈ അഭിമാനങ്ങളെല്ലാം ഇല്ലാതായി തീരുമ്പോ അവൻ്റെ അഭ്യാകൃത ഭാവത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ദേശകാല വസ്തുബോധ ശൂന്യനായി തന്നെ ഇരിക്കുന്നു അത് എവിടെ ആയാലും അതുകൊണ്ടാണ് നമുക്ക് ഒരാൾ പറയുന്നു ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ ദർശന സ്മരണകൾ അവസാനിക്കുന്നിടത്ത് പ്രാജ്ഞഭാവമാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കും നമുക്കറിയാൻ പറ്റുമോ എത്ര സമയം അങ്ങനെ പ്രാജ്ഞഭാവം ഉണ്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ഉണർന്നിരിക്കുമ്പോൾ ഞാനത് അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ ഒരാൾ ചിന്തിക്കുന്നത് ആരുടെയും തെറ്റല്ല വിവരം കേട്ടുണ്ടെങ്കിൽ എന്തും ചിന്തിക്കാം ഇവിടെ പറയുന്നത് എന്താണ് അത് അവിടെ അവ്യാകൃതയാണ് എന്നുവെച്ചാൽ ദേശകാല വസ്തുബോധശൂന്യമായ ഒന്നാണ് എങ്ങനെ അത് സംഭവിക്കുന്നു അതിന് പറഞ്ഞു എന്താണോ അത് അന്തര്യാമിയുടെ നിയമമാണ് അതിനകത്തുകയറി കളിക്കാനൊന്നും പോകണ്ട ബുദ്ധി എല്ലായിടത്തും കൊണ്ട് കടത്താൻ ശ്രമിക്കരുത് അതിനുള്ള വലുപ്പം ഈ ബുദ്ധിക്കില്ല അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ ശ്രുതി പറയുന്നത് എന്താണ് നേതി നേതി നീ ഇതല്ല അല്ല എന്നറിയും പ്രാജ്ഞനന്ദനക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇതല്ല അത് അടുത്തവിടെ ഭാഷകാരം തന്നെ പറയും എല്ലാത്തിനെയും വിധേയാത്മകമായി അറിയാൻ ശ്രമിക്കരുത് നിഷേധാത്മകമായും ചിലതിനെ അറിയാൻ ശ്രമിക്കരുത് ചിലതിനെ അസ്തൂലം അനണു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അതിനെ സത്യജിത്താനന്ദം എന്ന് പറഞ്ഞും മനസ്സിലാക്കും സത്യജിത്താനന്ദം എന്ന് പറയുമ്പോൾ വിധേയാത്മകമായി അതുകൊണ്ട് അത് പൂർണ്ണമാകുന്നു അത് പൂർണ്ണമാകാത്തുകൊണ്ടാണ് അതിനെ നിഷേധാത്മകമായി ബോധിപ്പിക്കുന്നത് എങ്ങനെ നേതി നേതി അസ്തൂലം അനണു എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു ഈ രണ്ടു തരത്തിലും ഉള്ള ബോധന പ്രക്രിയ ശ്രുതിസമ്മതമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ആ വ്യാകൃത അതിനെ നമുക്ക് നിഷേധാത്മകമായി മനസ്സിലാക്കാൻ പറ്റും അത് സദാത്മകമായിട്ട് അതിനെ ശ്രുതി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയാൽ അത് പൂർണമാകത്തില്ല സദൈവ സൗമ്യ എന്ന് പറയുന്നിടത്തും മറ്റും അങ്ങനെ മനസ്സിലാക്കി ശ്രമിക്കുകയാണ് പക്ഷെ അത് അപൂർണമാണ് അതാണുള്ള പ്രയത് അതുകൊണ്ട് അവ്യാകൃത സമാന അതീപ്രാജ്ഞനും അന്തര്യാമിയിലും സമാനമായിരിക്കുന്നു ആന്തര്യാമി അവ്യാകൃത രൂപത്തിലിരിക്കുന്നു അന്തര്യാമിയിൽ നിന്നും മനഃസ്പന്ദനങ്ങളുണ്ടായി ചിത്തസ്പന്ദനം ഉണ്ടായിരുന്നു മായാസ്പന്ദനം ഉണ്ടായിരുന്നു എന്ത് വേണോ പറയാം അങ്ങനെ ഈ പ്രപഞ്ചം പ്രകടമായി അതിനു സമമായി തന്നെ ഈ ജീവനിലും ആ പ്രാജ്ഞാവസ്ഥയിൽ നിന്ന് അന്തര്യാമിയുടെ പ്രേരണം അവനിലും ചിത്തസ്പന്ദനമുണ്ടായി അവനിലും ജാഗ്രത സ്വപ്നങ്ങളുണ്ടായി അവനിലും അവന്റേതായ പ്രപഞ്ചമുണ്ടായി ഇത് രണ്ടും സമാനമാണ് ഇത് സമാനമായതുകൊണ്ട് എന്താണ് ഇത് രണ്ടും ഒന്ന് തന്നെ രണ്ടും ഒരേ തന്നെയാണ് രണ്ടു തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കി രണ്ടിനെയും ഒന്നാക്കുക അതിനുവേണ്ടി പറയും പ്രസവ ബീജാത്മകത്വം ഇവിടെ പറയും മരിക്കുന്നവൻ ആ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നത് ശരീരം നശിച്ചു പോവും രണ്ടും എന്താണോ അവ്യാകൃതാവസ്ഥയാണ് പക്ഷേ ഉറങ്ങുന്നവൻ വീണ്ടും ആ ശരീരത്തിലേക്ക് തിരിച്ചു വരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പറയുന്നു ഉറങ്ങുന്നവന് തിരിച്ചു ഒരു ബീജം എന്തോ അവിടെ ശേഷിക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള എന്ന് വെച്ചാൽ ഈ സ്ഥൂല ശരീരത്തിനോടുള്ള ആ പ്രാണബന്ധനത്തിന്റെ ഒരു വിത്ത് അവിടെ കിടക്കുന്നു അതും നഷ്ടപ്പെടുന്നില്ല അന്തര്യാമി അതിനെ നഷ്ടപ്പെടുത്താൻ ഈ പ്രാണന് അനുവാദം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തിരിച്ചു വരുന്നു അതാണ് പ്രസവ എന്ന് പറയുന്നു ഉത്പത്തിക്കുള്ള ആ വിത്ത് വിത്തായി ഉറങ്ങുന്നു വീണ്ടും ഉണർന്നു വരുന്നതിനും പ്രാണന അവിടെ ബോധ്യപ്പെട്ടില്ല ഇത് ഉപയോഗശൂന്യമാണ് അതുകൊണ്ട് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെയൊരു ബോധം പ്രാണന് കൊടുക്കുന്നില്ല ഇതിനുപേക്ഷിക്കാനുള്ള ബോധം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടൻ വിലയിത് അധ്യക്ഷസ്ഥ ഏകോ അവതാവസ്ഥ ഇവിടെ രണ്ടിടത്ത് അന്തര്യാമിയിൽ സംഭവിക്കുന്നത് അത് അന്തര്യാമിയും ഇതിനെല്ലാം തന്നിലേക്ക് വിലയിപ്പിച്ച് ലൂത ദൃഷ്ടാന്തം പറയും ചെലന്തിയുടെ ദൃഷ്ടാന്തം എല്ലാം തന്നിൽ നിന്ന് പുറത്തെടുത്ത് പിന്നെ എല്ലാം തന്നിലേക്ക് വിലയിപ്പിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു ഈ അന്തര്യാമിയും താൻ സൃഷ്ടിച്ച തന്റെ മനസ്പന്ദന രൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് വിലയിപ്പിക്കുന്നു അതെപ്പോ അത് എന്നോ കാലദേശശൂന്യമായ ഒരുക്കൽ എന്ന് പറയുന്നത് ഒരു വ്യാകരണപേശമുണ്ട് കാലദേശശൂന്യമായ ഒരു കാലമെന്ന് പറഞ്ഞാൽ വ്യാഘാത ദോഷമുണ്ട് പക്ഷെ നമുക്കതിന പറയാൻ നിവർത്തി അത് സംഭവിക്കും അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജീവൻ രണ്ടിടത്തും ഒരേ ചൈതന്യം തന്നെ ഇരിക്കുന്നതാണ് തത് അധ്യക്ഷസ്ഥ ആ പ്രാജ്ഞന്റെയും അധ്യക്ഷനായിരിക്കുന്നു അതിനാധാരുന്നതും അധ്യക്ഷനം തേനേകത്വം ആന്തര്യാമിയോട് ഈ പരിചിന്ന അഭിമാനികൾക്ക് അതിനാധാരമായിരിക്കുന്ന ചൈതന്യത്തിന് ഏകത്വമുണ്ട് രണ്ടു ഒന്ന് തന്നെ ആ അന്തര്യാമിയുടെ ഏകത്വത്തെ മുൻനിർത്തിയായിരിക്കും ചില സമയത്ത് പറയുന്നത് എന്താണ് ഈ സൃഷ്ടിയെല്ലാം നിന്റേതാണ് എന്ന് പറയുന്നത് അവിടെ അന്തര്യാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ ഏകത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു അന്തര്യാമിയെ മറന്നിട്ട് ആ ഏകത്വത്വം മറന്നിട്ട് വീണ്ടും തുച്ഛമായ തന്റെ ജീവഭാവത്തിലേക്ക് വന്നിട്ട് അതിനെ മനസ്സിലാകുമ്പോൾ എന്ന് ധരിക്കും ഈ സൃഷ്ടിയല്ല എന്റേതാണ് എന്ന് ധരിക്കും അങ്ങനെ മാണ്ഡൂക്യത്തിൽ പറയുന്നു ഈ സൃഷ്ടിയെല്ലാം നിന്റേതാണെന്ന് പറയുന്നു മറിച്ച് എന്താ പറയുന്നത് ദേവസ്വ യേശസ്വഭാവം ഇതാ ദേവന്റെ സ്വഭാവമാണെന്നേ പറയുന്നു ആ ദേവൻ ആരാണ് ഈ ആത്മജ്ഞനായിരിക്കുന്ന താനല്ല ഇതൊരിക്കലും തലതിരിഞ്ഞ് മനസ്സിലാക്കരുത് മാണ്ഡൂയത്തിൽ ഇങ്ങനെ പറയുന്നു എന്താണോ എല്ലാം എന്റെ സങ്കല്പമാണ് ലോകം ഇതാണ് അദ്വൈതം അങ്ങനെ ഒരിടത്തും പറയുന്നു ഇവിടെ എവിടെയൊക്കെ പറയുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കുക തേനയേകത്വം എവിടെ ഈ പ്രാജ്ഞനെ കുറിച്ച് പറയുന്നു അവിടെ ഒരു അന്തരിയാമിയെ കുറിച്ചും പറയുന്നു എവിടെ വിശുവിനെ കുറിച്ച് പറയുന്നു അവിടെ ഹിരണ്യഗർദ്ധനെ കുറിച്ചും പറയുന്നു പയസ്സിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം സൂത്രാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ഭാഗം എന്റെ മുഖ്യമായ ഭാഗത്തെ വിട്ടിട്ട് കേവലം എല്ലാം ഞാൻ ഞാൻ എന്ന് ധരിച്ചിട്ട് ഞാൻ ബ്രഹ്മമാണ് എന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം ഇതാണ് അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ മൂഢത ഇല്ല ഇത് പറയുന്നതുകൊണ്ടാണ് അദ്വൈതം ആൾക്കാർക്ക് സ്വീകാര്യമല്ലാതെ അതുകൊണ്ടിവിടെ ഞാനത് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇവിടെ തേന ഏകത്വം ആ ഏകത്വത്തെക്കുറിച്ച് പറയുന്നു അവിടെ ഈശ്വരൻ ഈശ്വരന്റേതായ സ്ഥാനമുണ്ട് ആ ജീവന് ജീവൻറേതായ സ്ഥാനമേ ഉള്ളൂ അതിൽ കവിഞ്ഞ അതിനൊരു സ്ഥാനമില്ല ഇത് പൂർവോക്തം വിശേഷണം ഏകീഭൂത പ്രജ്ഞാനഘന ഇത്യാദി ഉപന്നം ഇതിനെ രണ്ടിനെയും കൂടി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതിന്റെ ആ ഏകത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ മുമ്പ് നമ്മൾ പറഞ്ഞെന്താണ് ഏകീഭൂതനായിരിക്കുന്നു പ്രജ്ഞാനധനനായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ ഇതിനെയൊന്നും കേവലം ജീവഭാവത്തിൽ ചിന്തിച്ചിട്ട് അങ്ങനെ ധരിക്കരുത് ഇത് ഞാൻ പലതവണ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ ആത്മീയ പ്രഭാഷണം കേൾക്കാൻ പോയിട്ടുണ്ട് അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്വൈതത്തിൽ ഈശ്വരൻ പോലും നമ്മുടെ സങ്കല്പമാണ് അത് ഒത്തിരി പേര് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളാരെങ്കിലും അങ്ങനെ കേട്ടിട്ടുള്ള നിർഭാഗ്യവാന്മാരാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് കേട്ടിട്ടുണ്ട് ആശയക്കുഴപ്പവും ഉണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഈശ്വരനെ കാണുമ്പോൾ ഞാൻ വലുതാണല്ലോ ചിന്തിച്ചിട്ടുണ്ട് കാരണം സ്വാമി പറയുന്ന വിശ്വസിച്ചല്ലേ പറ്റൂ അറിയാമെന്നുള്ളവര് പറയുന്നില്ല പക്ഷെ ഇവിടെ എന്താ പറയുന്നത് അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം തസ്മിൻ ആ അധ്യക്ഷൻ എന്നു വച്ചാൽ ആധാരമായിരിക്കുന്നു അതിനെ തന്നെ ചില ഭാഗങ്ങളിൽ സാക്ഷിയെന്നും പറയും തസ്മിൻ ഉപ്ത ഹേതു സത്വാച്ഛു പറഞ്ഞ ഹേതുക്കളെല്ലാം അവിടെ യോജിക്കുന്നതും ഉണ്ട് എന്ന് പറഞ്ഞിവിടെ ആ പ്രാജ്ഞരന്റെ ഏകത്വത്തെ പറയുകയാണ് ഈ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ഏകാഗ്രമായി മനനം ചെയ്ത് മനസ്സിലാക്കും പറഞ്ഞതുകൊണ്ട് മാത്രം ഇതെല്ലാം വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും മനനം ചെയ്യൂ ശ്രീ ശ്രീ ശരി